പ്രവാചകം യഹോവയുടെ എല്ലപ്പാട് ഹദ്രക്ദേശത്തിന് വിരോധമായിരിക്കുന്നു ദമ്മേശക്കിന്മേൽ അത് വന്നമരും യഹോവ മനുഷ്യരിലും ഇസ്രയേലിന്റെ സകല ഗോത്രങ്ങളിലും ദൃഷ്ടിവയ്ക്കുന്നു അതിനോട് തൊട്ടിരിക്കുന്ന ഹമാത്തിനും ജ്ഞാനമേറിയ സോരിനും സീതോനും അങ്ങനെ തന്നെ സോർ തനിക്ക് ഒരു കോട്ട പണിതു പൊടി പോലെ വെള്ളിയും വീഥികളിലെ ചെളി പോലെ തങ്കവും സ്വരൂപിച്ചു എന്നാൽ കർത്താവ് ഇറക്കി അവളുടെ കൊത്തളം കടലിൽ ഇട്ടുകളയും അവൾ തീക്ക് ഇരയായിത്തീരുകയും ചെയ്യും അസ്കലോൻ അത് കണ്ട് ഭയപ്പെടും ഗസയും യക്രോനും കണ്ട് ഏറ്റവും വിറയ്ക്കും അവളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുമല്ലോ ഗസയിൽ നിന്ന് രാജാവ് നശിച്ചു പോകും അസ്കലോന് നിവാസികൾ ഇല്ലാതെയാകും അസ്തോദിൽ ഒരു കൌലടയ ജാതി പാർക്കും ഫെലിസ്തീരുടെ ഗർവം ഞാൻ ഛേദിച്ചു കളയും ഞാൻ അവന്റെ രക്തം അവന്റെ വായിൽ നിന്നും അവന്റെ വെറുപ്പുകൾ അവന്റെ പല്ലിനിടയിൽ നിന്നും നീക്കിക്കളയും എന്നാൽ അവനും നമ്മുടെ ദൈവത്തിന് ഒരു ശേഷിപ്പായി തീരും അവൻ യഹൂദയിൽ ഒരു മേധാവിയെപ്പോലെയും എക്രോൻ ഒരു യബൂസിനെപ്പോലെയും ആകും ആരും പോക്കുവരത്ത് ചെയ്യാതിരിക്കേണ്ടതിന് ഞാനൊരു പട്ടാളമായി എന്റെ ആലയത്തിനു ചുറ്റും പാളയമിറങ്ങും ഇനി ഒരു പീഠകനും അവരുടെ ഇടയിൽ കൂടി കടക്കയില്ല ഇപ്പോൾ ഞാൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടുവല്ലോ സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കരുഷലേം പുത്രിയെ ആർപ്പിടുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു ഞാൻ യഫ്രൈമിൽ നിന്ന് രഥത്തെയും എരുശിലേമിൽ നിന്ന് കുതിരയെയും ഛേദിച്ചു കളയും പടവില്ലും ഒടിഞ്ഞു പോകും അവൻ ജാതികളോട് സമാധാനം കൽപ്പിക്കും അവന്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങളോളവും ആയിരിക്കും നീയോ നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കും പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവേൻ ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകുമെന്ന് ഞാൻ ഇന്ന് പ്രസ്താവിക്കുന്നു ഞാൻ എനിക്ക് യഹൂദയെ വില്ലായി കുലച്ചും എഫ്രയിമിനെ നിറച്ചുമിരിക്കുന്നു സിയോനെ ഞാൻ നിന്റെ പുത്രന്മാരെ യവന ദേശമേ നിന്റെ പുത്രന്മാരുടെ നേരെ ഉണർത്തി നിന്നെ ഒരു വീരന്റെ വാൾ പോലെയാക്കും ഈ ഹോവ അവർക്കുമീതേ അവന്റെ അസ്ത്രം മിന്നൽ പോലെ പുറപ്പെടും യഹോവയായ കർത്താവ് കാഹ്ളമൂതി തെക്കൻ ചുഴലിക്കാറ്റുകളിൽ വരും സൈന്യങ്ങളുടെ ഹോവ അവരെ പരിച്ചുകൊണ്ട് മറയ്ക്കും അവർ മാംസം തിന്ന കവിണക്കല്ല് ചവിട്ടിക്കളുകയും രക്തം കുടിച്ച് വീഞ്ഞുകൊണ്ടെന്ന പോലെ ഘോഷിക്കുകയും യാഗകലശങ്ങൾ പോലെയും യാഗപീഠത്തിന്റെ കോണുകൾ പോലെയും നിറഞ്ഞിരിക്കുകയും ചെയ്യും അന്നാളിൽ അവരുടെ ദൈവമായ ഹോവ അവരെ തന്റെ ജനമായ ആട്ടിൻകൂട്ടത്തെപ്പോലെ രക്ഷിക്കും അവർ അവന്റെ ദേശത്ത് ഒരു കിരീടത്തിന്റെ രത്നം പോലെ പൊങ്ങി ശോഭിക്കും അതിന് എത്രീത്വവും അതിന് എത്ര സൌന്ദര്യവും ഉണ്ട് ധാന്യം യുവാക്കളെയും വീഞ്ഞ യുവതികളെയും പുഷ്ടീകരിക്കുന്നു